pełnieLIJAYNet om segue vaira pradar Empad drop karma mič forcé samad Ve seeds คะ r soci paruñse neva ifena ബാലകമാണ് ചിത്രം എന്ന് പറയുന്ന ഒരു ശിശുവിനെ പോലെയാണ് ശിശു പറഞ്ഞ വിശേഷം നിഷ്കളങ്കമാണ് നിഷ്കളങ്കം എന്ന് വെച്ചാൽ അവിവേകമാണ് വിവേകശൂന്യതയാണ് അങ്ങനെയുള്ള മനസ്സിന് സാന്ത്വന ആശ്വസമത ഭഗവട്ട് സാന്ത്വനിപ്പിച്ചു കഴിഞ്ഞാൽ സമാശ്വസിപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സമതയെ പ്രാപിക്കും ചിത്രത്തിന് സമാധാനിക്കാൻ എന്തെങ്കിലും ഒരു വഴി കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചിത്രം ആരുടെയാണ് സ്വന്തമായി ഇരിക്കുന്നത് വ്യക്തി ആ വ്യക്തി എന്ന് പറയുന്നത് ചിത്രത്തിന്റെ അപ്പോ തന്റെ ചിത്തം കൊണ്ടുവരുന്ന ചിത്രത്തെ സമാധാനിപ്പിച്ചാൽ ഈ ചിത്രത്തെ സമാധാനിപ്പിക്കുന്നതിന് ബാഹ്യമായ സഹായങ്ങളുമാകാം അങ്ങനെയാകാം പക്ഷെ ബാഹ്യമായ സഹായങ്ങളെ സ്വീകരിക്കുക സ്വീകരിക്കാതിരിക്കുക അതിനെ ഉപയോഗിക്കുക ഇതെല്ലാം സ്വന്തം ചിത്രമാണെങ്കിൽ എന്നുവെച്ചാൽ അവനവന്റെ മനസ്സാണ് ീശ്വരൻ മുമ്പി വന്നിട്ട് തന്റെ ചിത്രത്തെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചാലും അത് തന്നിലൂടെയാണ് നടത്തി എടുക്കേണ്ടത് തന്റെ മനസ്സിലൂടെയാണ് അപ്പൊ തന്റെ മനസ്സ് സമാശ്വസിച്ചില്ലെങ്കിൽ ആരാശ്വസിപ്പിച്ചിട്ടും കാര്യങ്ങൾ ചിത്രം അസ്വസ്ഥമായി തന്നെ ഇരിക്കും അപ്പൊ മനസ്സിന് സമത കൈവരുന്നു നമ്മുടെ ഈ സമതീ മുമ്പോട്ട് ചെല്ലുമെന്ന് പറയും ആ സമത എന്ന് പറയുന്നത് ആത്യന്തികമായി ബ്രഹ്മ ആ പോക്കിൽ അങ്ങനെ മനസ്സ് ബ്രഹ്മ സാക്ഷാത്കാരവും യാത്രയിൽ തന്നെ മനസ്സിൻ്റെ ഒരു നമ്മൾ ഗീതിയിൽ അങ്ങനെ ചർച്ച അത് മനസ്സിനെ സമാധാനിപ്പിച്ച് വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ മനസ്സ് സമാധാനിച്ചാൽ സമതയിലെത്തിച്ചേരാം ആത്യന്തിക ലക്ഷ്യമായ ഇവിടെ അദ്വൈതകളുടെ അത്യന്തലക്ഷികമായ ബ്രഹ്മസാക്ഷാത്കാരം അവിടെ എത്തിച്ചേരാം പക്ഷെ മനസ്സിനൊരു സാന്ത്വനം സമാശ്വാസം മനസ്സിന് ഉണ്ടാകണം എന്നാൽ പൗരുഷേനും ദ്രാഗിരി പാലയം ചെത്ത പാല ഇനി അത് സ്വന്തം പരിശ്രമത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്വന്തം പരിശ്രമത്തിൽ കൂടി സ്വന്തം പരിശ്രമത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നദ്രാഗതി തിടുക്കപ്പെട്ടിട്ട് കാര്യമാണ് മനസ്സിനെ വശീഭൂതമാക്കാൻ സ്വാധീനംപ്പെടുത്തി എന്താണ് അതിനെ പരിപാലിക്കുന്നതിന് വേണ്ടി നദ്രാഗതി സ്വീകൃതയും നടക്കും മനസ്സിന് കഴിഞ്ഞാൽ അത് സമതയെ പ്രാപിക്കും പെട്ടെന്ന് തന്നെ അത് വരണ്ടേ ടരുത്പ്പെട്ട മനസ്സിനെ തിടുക്കപ്പെടരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജന്മം അല്ലേ ഉള്ളൂ എന്നുവെച്ചാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനെങ്കിലും ഉള്ളൂ എന്ന് ചെന്നിക്കുമ്പോ ഈ ജന്മത്തിൽ വളരെ വേഗതയിൽ മനസ്സിനെ സ്വാധീനപ്പെടുത്താം എന്ന് ഞാൻ പറയുന്നു ഓ ഋഷേന യജ്ഞ സ്വപ്രയത്നം െ സ്വപ്രയത്നം കൊണ്ട് തന്നെ സ്വപ്രയത്നം മനസ്സിനെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വപ്രയത്നം എന്ന് പറഞ്ഞാൽ എന്താ സ്വാനുഭവത്തെ മുൻനിർത്തിയുള്ള സ്വപ്രയത്നം എന്തനുഭവം തൻ്റെ മനസ്സിനെ ശരിക്കറിയുന്നത് കാണാൻ അപ്പൊ തന്റെ മനസ്സിനെ കുറിച്ചുള്ള തന്റെ അറിവാണ് സ്വാനുഭവം എന്റെ മനസ്സിങ്ങനെയാണ് അപ്പോ അപ്പോ മനസ്സെന്ന് പറയുമ്പോ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ പറയുന്ന ഈ എല്ലാ അഭ്യാസങ്ങളും ജാഗ്രത്തിന് മാത്രമേ നമ്മുടെ സാധിക്കൂ ജാഗ്രത്തിന് മാത്രമേ നമ്മുടെ മനസ്സ് നമ്മളെ അത് സുഷക്തിയിൽ ഒരു രക്ഷയില്ല സ്വപ്നത്തിനും നമുക്കൊരു നിയന്ത്രണമില്ല അപ്പോ എനിക്ക് ഈ അടുത്ത കാലത്ത് ഒരു അനുഭവം ഉണ്ടായി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നല്ലോ വയസ്സായി ഞാൻ ഉറക്കം നല്ല ഗാഠമായ പക്ഷെ ഉറക്കത്തിൽ നിന്നും ഉണരുന്നത് സ്വപ്നത്തിലൂടെ ഉണരും ഇതൊന്നുമില്ലാത്തവരല്ലോ അപ്പൊ അതെന്താ അങ്ങനെ സംഭവിക്കുന്ന പ്രത്യേകിച്ച് അങ്ങനെ വരേണ്ട കാര്യങ്ങളൊന്നും ഈ സ്വപ്നം എന്ന് പറയുവാണെങ്കിൽ ഇതുപോലെയുള്ള ശാസ്ത്ര ചർച്ചകളും വാദപ്രതിവാദങ്ങളും പുതിയ സിദ്ധാന്തങ്ങളുണ്ടാക്കി ഇതൊക്കെയാണ് എന്റെ സ്വപ്നം അല്ല വേറെ ഒന്നും സ്വപ്നം ലോട്ടറി അടിക്കുന്നതെന്ന് ഞാൻ സ്വപ്നം കാണാറില്ല കാരണം അപ്പൊ ഞാൻ എടുക്കാറില്ല ഇത്തരം വിഷയങ്ങൾ തന്നെയാണ് പക്ഷെ ആ സ്വപ്നത്തിലൂടെ ഉണരുത് അതെന്താണ് നമ്മുടെ സംസ്കാരം സ്വപ്നം ഒരു പ്രായമൊക്കെ ചെലവ് പിന്നെ മറ്റ് സംസ്കാരങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഉള്ളതൊന്നും വരാൻ വഴിയില്ല അപ്പൊ ഞാൻ ഡോക്ടറോട് ഇതിനൊന്ന് ചോദിച്ചു എന്ത ഡോക്ടർ ഞാനോട് ഒരു സാധ്യത എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ ഡ്രഗ്സ് അതാ അത് സ്വപ്നം അങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് കാഷ്വലായിട്ട് പറഞ്ഞതേ ഉള്ളൂ അപ്പൊ ഞാനതിനെ കുറിച്ചൊരു പഠനം നടത്തി സ്വയം അത് എന്തെന്നും ഡോക്ടർ പറഞ്ഞില്ല ഞാൻ സ്വയമായി തന്നെ അതിന്റെ സമയങ്ങളെല്ലാം ക്രമീകരിച്ച് അതിനെ ഉറക്കത്തിൽ നിന്ന് കുറച്ച് മാറ്റി പിടിച്ച് നോയുമ്പോഴത്താണ് അതിന് വലിയ വ്യത്യാസം അത് ശല്യപ്പെടുത്തുന്നുണ്ട് അപ്പോ ഡ്രഗ്സ് എങ്ങനെയാ പ്രവർത്തിക്കുന്നത് അത് നേരെ എന്റെ ബ്രെയിനില് പ്രവർത്തിക്കുന്നു ബ്രെയിനെ സ്വാധീനിക്കുന്നു ബ്രെയിൻ ഉണർത്തുന്നു അപ്പോ അതിനുള്ള ഉറപ്പും അതുമായിട്ടുള്ള ബന്ധം കുറച്ച് കഴിഞ്ഞു സമയലായിട്ട് കൂട്ടിക്കഴിഞ്ഞു അതിന് വ്യത്യാസം മനസ്സിന് ഞാൻ ഇത് പറഞ്ഞതെന്താണ് സ്വന്തം അനുഭവം വെച്ച് പറയുന്നത് നമ്മുടെ മനസ്സിന് നമ്മുടെ നിയന്ത്രണം നമ്മുടെ സ്വാതന്ത്ര്യം എല്ലാം നമ്മൾ കൊണ്ടാടങ്ങിരിക്കുമ്പോഴേ ഉറപ്പത്തിലോ സ്വപ്നത്തിലോ ഇപ്പോൾ സ്വപ്നം അതൊരു മോശമായ കാര്യവും അല്ല എന്നാണ് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് സ്വന്തമായൊരു പഠനം നട മനസ്സിലായത് നമ്മുടെ ബ്രെയിനിലെ മെമ്മറി അതിനെ രൂപപ്പെടുത്തുന്നതിന് സ്വപ്നത്തിനായിട്ട് വലിയ പങ്കുണ്ടായിരുന്നു ഞാൻ ആലോചിച്ചപ്പോൾ അത് ശരിയാണ് ഞാൻ ചിന്തിക്കുകയും ചർച്ചയും ചെയ്യുന്ന സ്വപ്നമായി വരുന്നത് അപ്പോ ഞാൻ നോക്കുമ്പോ എന്താണ് ആ വിഷയത്തിൽ എന്റെ മെമ്മറിക്ക് തകരാറൊന്നുമില്ല ഞാൻ ഏത് വിഷയത്തിലാണ് ചിന്തിക്കുന്നത് ആ വിഷയത്തിൽ എന്റെ മെമ്മറി തകരാറില്ല അസുൻ മറ്റു വിഷയങ്ങളിലൊക്കെ ആകുമ്പോഴ മെമ്മറിയുണ്ടോ എന്ന് ചോദിച്ചത് സംശയമാണ് കുറവാണെന്ന് പറയാം അപ്പൊ തീർച്ചയായിട്ടും സ്വപ്നം എന്ന് പറയുന്നത് രൂപപ്പെടുത്താൻ സഹായിക്കുന്നത് അവിടെ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ ബ്രെയിൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ ഓർമ്മയെ വർദ്ധിപ്പിക്കുന്നതിന് സ്വപ്നത്തിന് ഉണ്ട് എന്ന് തന്നെയാണ് എന്റെ അനുഭവത്തിൽ ഞാൻ വായിച്ച് മനസ്സിലാക്കി അപ്പോൾ അന്ന് നമ്മുടെ നിയന്ത്രണത്തിനുള്ള ഞാൻ പറഞ്ഞത് നമ്മുടെ അനുഭവത്തെ മുൻനിർത്തി ചിന്തിക്കണമെന്ന് പറയുന്ന ഏതാണ് നമ്മുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളെല്ലാം അത് നമ്മുടെ ബ്രെയിനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ജാഗ്രതയിലാണ് ഉണർന്നിരിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും സ്വാധീനം ചെലുത്താൻ പറ്റുമോ അതിവിടെ പറയുന്നത് തരത്തിൽ തന്നെയാണ് സ്വാധീനം നമ്മുടെ അഭ്യാസങ്ങളിലൂടെ മനസ്സിന് ഇവിടെ പറയുന്നതിരിക്കുകയാണെങ്കിൽ ശുഭവാസനകളും അശുഭവാസനകളെയും വളർത്തിയെടുക്കുക നമ്മുടെ അഭ്യാസങ്ങളിലൂടെ അത് ഉണർന്നിരിക്കുമ്പോഴല്ലേ കിട്ടും അപ്പോൾ അവിടെ നമ്മുടെ അനുഭവം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മുടെ അതുകൊണ്ട് എന്താണ് ശനൈ ശനൈ പൗരുഷേന യത്നേനം ഈ പൗരുഷ യത്നം എന്ന് പറയുന്നത് സ്വപ്രയത്നം എന്നുള്ള അർത്ഥം ആ പ്രയത്നം കൊണ്ട് തന്നെ അത് സാധിക്കണം എന്താണ് അത് മനസ്സിൽ യത്നം കൊണ്ട് ശീലമായി മാറും സൈക്കിൾ ചോട്ടം പഠിക്കുമ്പോൾ യത്നം കൊണ്ട് അതിൽ ശീലമായും വേണം കൈകൊണ്ട് കൈ വിട്ടവട്ടം ഏത് തൊഴിലും അങ്ങനെ ഒരു തൊഴിലും നമ്മുടെ ശീലം ശാരീരികം ഉണ്ടാവില്ല ഒരു വലിയൊരു അളവരം മനസ്സുകൂടിയുണ്ട് മനസ്സുമാത്രം നമ്മുടെ ശാരീരികമായി നമ്മുടെ ശരീരത്തിലെ സെൻസറി ഏജന്റുകളെല്ലാം മാറും ഇന്ദ്രിയങ്ങളും നമുക്കറിയാൻ വയ്യാകാം നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെല്ലാം നമ്മുടെ അഭ്യാസത്തിനനുസരിച്ച് മാറുന്നു അതുകൊണ്ടാണ് ഓരോ തൊഴിൽ തൊഴിലുകൾ നമുക്ക് കാലക്രമേണ വളരെ സ്വാധീനമാകും അതിനനുസരിച്ച് മനസ്സും മാറും അപ്പൊ സ്വപ്രയത്നം എന്ന് പറയുന്നതിന് വലിയൊരു പങ്കുണ്ട് സ്വപ്രയത്നം കൊണ്ട് തന്നെ തന്റെ മനസ്സിന് മാറ്റമാണ് എന്ന് പറഞ്ഞാൽ സ്വപ്രയത്നം കൊണ്ട് മനസ്സിന്റെ ശീലമായി അത് സാവധാനം വന്നി സാധിക്കും ഒരു സ്വക്ക് ഭാഗത്തുനിന്നും ലക്ഷ്യം എന്ന് പറയുന്ന മനസ്സിന്റെ സമതയാണ് അതിന്റെ ആ പ്രയത്നം ഇവിടെ അത് രാമനോട് പറയുന്നത് എല്ലാം അറിയും എല്ലാ ആത്മീയമായ വിവേകപൂർണമായ സാധനങ്ങൾ വിവേകം മുൻനിർത്തിയുള്ള സാധനങ്ങൾ അല്ല എന്തെങ്കിലും കാണിച്ചു അന്ധതയിൽ നിന്നുകൊണ്ടുള്ള അതിവൈകാരികതയും മുൻനിർത്തിയുള്ള അവിവേകത്തെ മുൻനിർത്തിയുള്ള പരിപാടികളൊന്നും മനസ്സിനും ആശ്വസിപ്പിക്കും വിവേകം വളരെ പർവപ്രധാനം തൻ്റെ മനസ്സിന് ശരീരത്തിനൊക്കെ യോജിച്ച കാര്യങ്ങൾ അതി ഒഴിവാക്കുക അത്യധ്വാനം അതിപ്രയത്നം അത് എല്ലാ മനസ്സുകാരനും ഫിറ്റാകധ്വാനവും അതിപ്രയത്നമൊക്കെ മനസ്സിന് നല്ല ശീലങ്ങളുണ്ടാകുന്നതിനെ മനസ്സിന് തകർത്തുക അതുകൊണ്ടൊന്നും കാര്യമില്ല അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ശനി ശനി സാവധാനം മനസ്സിന് വശത്താക്കുന്നതിന് ഇതാണ് മനസ്സ് തനിക്ക് ഒരു ബാധ്യത അല്ലാതാകുകയും വേണം മനസ്സ് യാന്ത്രികമാവാതിരിക്കണം മനസ്സ് യാന്ത്രികമായി തനിക്കൊരു ബാധ്യതയായി മാറും ഇന്നത് ചെയ്താലേ എനിക്ക് നിലനിൽക്കാൻ പറ്റുമെന്നുള്ള ഒരവസ്ഥ വരുന്നത് അതാണ് മനസ്സിന്റെ യാന്ത്രികത ഇപ്പോ ഒരു നേരത്തെ ഡയബറ്റിക്സിന്റെ മരുന്ന് കഴിക്കാതിരുന്നുകഴിഞ്ഞാൽ ആ ഡയബറ്റിക്സ് ഉള്ളവർക്കത് പ്രശ്നമാവും പ്രശ്നങ്ങളുണ്ടാകും അതുപോലെ ഒരവസ്ഥ മനസ്സിന് വരുന്നുണ്ട് അത് മനസ്സിന്റെ സ്വാധീനമില്ലായ്മ കാണിക്കുന്നു ശീലങ്ങൾ പരിശീലനങ്ങളെല്ലാം നല്ലതാണ് പക്ഷെ അതാ സാവകാശം ചെയ്യുക അത് മനസ്സിന്റെ പുരോഗതി എന്ന് പറയുന്ന മനസ്സിന്റെ സ്വാധീനതയാണ് തന്റെ സ്വാധീനത്തിലേക്ക് മനസ്സ് വരുക അതിന് ഇപ്പോ മനസ്സ് പല നേച്ചറാണ് എല്ലാവരുടെയും മനസ്വരൂപനല്ല ചിലർക്ക് ഈ ബഹളമയമായ അന്തരീക്ഷത്തിലിരുന്നു അതിൻ്റെ മനസ്സിനെ ഒന്ന് ഏകാഗ്രപ്പെടുത്താൻ പറ്റും വളരെ ബഹളമയമായൊരു അന്തരീക്ഷം വളരെ ഒറ്റപ്പാടും ഉണ്ടെങ്കിൽ അതിൽ മനസ്സ് അവിടെ മനസ്സൊന്ന് ഏകാഗ്രപ്പെടും എത്രമാത്രം ശബ്ദവും ബോളവും ഒക്കെ അത്രമാണ് അത് ചിലരുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ചിലർക്കങ്ങനെയല്ല ബാഹ്യമായ ഏകാന്തത ഇത് മനസ്സിൽ ആന്തരികമായി ഏകാന്തമാണ് ഇതൊക്കെ മനസ്സിന്റെ പ്രത്യേകതകളാണ് അപ്പൊ നിങ്ങൾക്ക് വളരെ കൊച്ചപ്പാടും ബഹളവും ഉള്ള എപ്പോഴും കായികമായും മാനസികമായും എൻഗേജഡായിരുന്ന ഒരു അവസ്ഥയാണ് അനുകൂലമെങ്കിൽ അങ്ങനെ മനസ്സിന് അതിനു നിർത്താനേ പറ്റു മനസ്സ് അതില്ലാതെ മനസ്സ് ഡിപ്രഷനിലേക്കും പോകും അതാണ് കർമ്മങ്ങൾ കൈവിട്ടു പോകുമ്പോൾ മനുഷ്യൻ ഡിപ്രഷനിലേക്ക് പോകും മനുഷ്യന് പോക അല്ല ബാഹ്യമായ ശാന്തത ആന്തരികമായി മനസ്സിനെ ശാന്തമാക്കുകയും അവിടെ മനസ്സിന് ആധിമ്യാധികളൊന്നും ഇല്ലാതിരിക്കുകയാണ് മനസ്സിൻ്റെ ശാന്തത എന്ന് പറയുമ്പോൾ മനസ്സിന് ആധിമ്യാധി കൊണ്ട് മനസ്സിൽ അത് ശരിയായ ശാന്തത ഇവിടെ നിരന്തരം പറയുന്ന സമത സ്വസ്ഥത എന്നൊക്കെ പറയുമ്പോൾ മനസ്സോട് സന്തുഷ്ടമായിരിക്കും സന്തോഷമില്ലാത്ത ശാന്തതയുടെ അർത്ഥമില്ല മനസ്സ് അസ്വസ്ഥമാകുന്ന ശാന്തതയല്ല ഇല്ല അതൊക്കെ മനുഷ്യന്റെ പരിശ്രമമുണ്ട് നമ്മുടെ പ്രകൃതി എന്താണെന്ന് സ്വയം മനസ്സിലാക്കിയിട്ട് അതിനെ അനുകൂലമായ സാഹചര്യങ്ങളിൽ ജീവിക്കുക എന്നുള്ളതാണ് ഒരു മുഖ്യമായ കാര്യം നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത് ഒച്ചപ്പാടുകളും ബഹളവും ഒക്കെ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ആ സാഹചര്യത്തിൽ തന്നെ ജീവിക്കണം എന്നാലേ പറ്റും അല്ല നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് ശാന്തതയിൽ ഇഷ്ടപ്പെടുന്നതിൽ അതിൽ എന്താണ് സുഖമായ ശാന്തത മനസ്സിന് കിട്ടുമ്പോൾ അയാൾ ഒരിക്കലും ആ മനസ്സിനൊരിക്കലും ഒരു ബഹളത്തിൽ ചെന്ന് ചേടാൻ പറ്റും ബഹളത്തിൽ ആൾക്ക് സന്തോഷം കിട്ടും പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഏതെങ്കിലും സാഹചര്യങ്ങൾ അങ്ങനെ ബഹളത്തിൽപ്പെട്ടാലും സ്വാഭാവികമായിട്ടും ആ മനസ്സ് വേദാന്തയിലേക്ക് ശാന്തതയിലേക്ക് പോകാൻ തന്നെ ആഗ്രഹിക്കും അവിടെ ഈ ആവശ്യമാണ് വേദാന്തത കിട്ടിയാൽ അവിടെ ഒരു അഭ്യാസമാണ് മനസ്സിന് വശത്താതെ അതും തന്റെ മനസ്സിന് ഇണങ്ങിയ അഭ്യാസം ജപവും ധ്യാനവും എന്നൊക്കെ പറയുന്ന എല്ലാ കാര്യങ്ങളും എന്തിനും കർമ്മങ്ങൾ പോലും എന്താണ് മനസ്സിന് ഇണങ്ങിയ കൊണ്ട് മാത്രമേ മനസ്സിൽ ആ ഒരു ശാന്തത കിട്ടും മനസ്സിൽ അടിച്ചേർത്തിക്കുന്ന കർമ്മങ്ങൾ കൊണ്ടും മനസ്സ് ശാന്തമാകട്ടെ മനസ്സിന് വിക്ഷുപ്തമാകട്ടെ അപ്പം സ്വായത്തമായിരിക്കുന്ന സ്വാധീനമായിരിക്കുന്ന ജീവിത സാഹചര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സ്വന്തം ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുക എന്ന് പറയുന്ന തൻ്റെ പ്രവൃത്തിയുടെ ഉത്തരവാദിത്വങ്ങൾ സ്വയം ഏറ്റെടുക്കുക ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവിടെ എന്താണ് തൻ്റെ സാഹചര്യങ്ങൾ എല്ലാം തൻ്റെ സ്വാധീനതയിൽ നിർത്തിക്കൊണ്ടൊരാൾക്ക് ആധ്യാത്മികമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന സമ്മതങ്ങൾ വളരെ എളുപ്പത്തിൽ സ്വാധീനിക്കുന്നു പക്ഷേ അതിനുള്ള ശേഷിയില്ലെങ്കിൽ പിന്നെ പരാധീനമായി ജീവിക്കാനേ പിന്നെ അപരാധീനതയിലുള്ള ശാന്തി എന്തെന്ന് വെച്ചാൽ അത് നേടുക പക്ഷെ അതിപ്പോൾ അപൂർണമായും പരാധീനമായ കാരണം മനസ്സിനെ മനസ്സാണ് ശരിയാക്കുന്നത് ആത്യന്തികമായി അപ്പോൾ അത് മനസ്സിനും മനസ്സ് ശരിയാക്കുമ്പോൾ തന്റെ സ്വാധീനത്തിൽ തന്നെ ആയിരിക്കണം കാര്യങ്ങളല്ല തന്റെ സാഹചര്യങ്ങൾ പോലും തന്റെ സ്വാധീനത്തിൽ അനിഷ്ട സാഹചര്യങ്ങൾ മനസ്സിൽ സാഹചര്യങ്ങളും ഇഷ്ടമായി അവിടെ മനസ്സിനെ വശപ്പെടുത്തുക സ്വാധീനമാക്കുക എന്ന് പറയുന്നത് മനസ്സിന്റെ ശാന്തിയല്ല വളരെ മനസ്സിനെ സ്വാധീനമാക്കുക എന്ന് പറയുന്ന അർത്ഥം സ്വസ്ഥമായും സമാധാനമായും ജീവിക്കുക അങ്ങനെ എന്താണ് പാലയെ ചിത്ര ബാലനും ചിത്രം ആകുന്ന ഈ ബാലനെ പരിപാലിക്കുക എങ്ങനെയാണോ അത് കുഞ്ഞിനെ പരിപാലിക്കുന്നതുപോലെ അതുപോലെ സ്വന്തം മനസ്സിനെ പരിപാലിക്കുക അതിനുവേണ്ട സ്നേഹവും ശുശ്രൂഷയും വാത്സല്യവും ശിക്ഷണവും എല്ലാം വേണം മനസ്സിന് ഇതെല്ലാം കൊടുത്ത മനസ്സിനെ പരിപാലിക്കുക ആത്യന്തികമായിട്ട് എന്താണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയണം എല്ലാവർക്കും യോജിച്ച് വേണമെന്ന് ഈ ചിത്ത ബാലകനെ പരിപാലിക്കുക എന്ന് വെച്ചാൽ താൻ തന്നിലേക്ക് തന്നെ ഒതുങ്ങുക കാരണം എനിക്ക് പ്രിയപ്പെട്ട എന്റെ വഴി തന്നിലേക്ക് തന്നെ ഈ ലോക ആഡംബരങ്ങളൊന്നും ഭ്രമിക്കാറില്ല മനസ്സിന്റെ ശാന്തതയും സ്വസ്ഥതയും ഒരാൾക്ക് അനുഭവിക്കുന്നുണ്ട് ഇതിലൊക്കെ ഭ്രമിച്ചു പോയോ പിന്നെ തലവേദനയാണ് ഭ്രമം എന്ന് പറയുന്നത് രജ്ജുവിന് സർപ്പത്തെ കാണുന്ന വല്ലപ്പോഴുമുള്ള ഭ്രമമാണ് നിരന്തര ജീവിതത്തിൽ നമ്മൾ പെട്ടിരിക്കുന്ന ഭ്രമങ്ങളാണ് ഈ വാശിഷൻ നിരന്തരം ഉപയോഗിക്കുന്ന ഒരു പാടാണ് ആഡംബരം ലോക ആഡംബരങ്ങളും ഭ്രമിച്ച് അതിന് ഭ്രമിക്കാതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ വ്യക്തിത്വം തന്റെ സ്വകാര്യത അതിന് ഒരാൾ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എന്റെ ഞാൻ പഠിച്ച പാടുകൾ അവിടെയാണ് ഒരു കേരളമായ ശാന്തി കൈവല്യം എന്ന് പറയുന്ന എന്താണ് നമുക്ക് അനുഭവിക്കുന്നത് മറ്റേതെന്താണോ നമ്മുടെ ഊർജ്ജം എല്ലാം ചോർന്നു പോകുന്നത് അത് നമ്മുടെ ഊർജത്തെ നമ്മൾ ചോർത്തി മാനസികമായ ഊർജത്തെ അതിന് ചതറിച്ച് കളയാതിരിക്കുകയാണ് തിനെ തന്നെ തന്നെ സ്വാംശീകരിക്കുക ശാന്തമായും സമാധാനമായും ജീവിക്കുക ഇതാണ് ഇതിന്റെ ഏറ്റവും നല്ലൊരു വഴി വേറെ എന്തെങ്കിലും വഴി നിങ്ങൾ ഉണ്ടെങ്കിൽ നല്ലത് ഞാൻ അതിനെ എതിർത്ത് ഞാൻ മനസ്സിലാക്കി വഴി ഞാൻ പറയും ഇവിടെ പറയുന്നതാണ് എന്താണ് പാലയിൽ ചിത്തപാലകമാണ് ചിത്തമെന്ന് പറയുന്നത് ശിശുവാണ് അതിനെ പരിപാലിക്കുക ഒരു ശിശുവിനെ പരിപാലിക്കുന്ന പോലെ പരിപാലിക്കുക അതിന് എന്തൊക്കെ ഒരു ശിശുവിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം കൊടുക്കും കൊടുത്തതിന് അപ്പോ ഒരു ശിശുവിനെ പരിപാലിക്കുക ആ പരിപാലിക്കുന്ന ആളുടെ പൂർണ്ണമായും ഉത്തരവാദിത്വമാണ് വേറെ ആളെ അത് പറ്റില്ല ആരാണോ ആ ശിശുവിനെ പരിപാലിക്കേണ്ട ആരുടെ ഡ്യൂട്ടിയാണ് ആരുടെ ഉത്തരവാദിത്വമാണ് അത് പൂർണ്ണമായും ആളുകൾ അയാൾ എന്ന് പരിപാലിക്കും വേറെ ആളെ കൂട്ടി പിടിക്കാൻ പറ്റില്ല തന്റെ ഉത്തരവാദിത്വമാണ് അപ്പൊ സ്വന്തം മനസ്സിനെ പരിപാലിക്കാന്ന് പറയുന്നത് ഒരാൾ സ്വന്തം ഉത്തരവാദിത്വത്തിൽ ചെയ്യണം ബാഹ്യമായ സഹായങ്ങൾ എന്തൊക്കെ വന്നാലും ശരി ആ സഹായങ്ങളെല്ലാം തന്റെ മനസ്സിലൂടെ തന്നെ കടന്നുവരണം വേറൊരു വഴിയില്ല മനസ്സിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ് മനസ്സിനുള്ളതുപോലുള്ള ഒരു സ്വകാര്യത ലോകത്ത് മറ്റൊന്നിനും നമ്മൾ സ്വയം ചിന്തിച്ചാൽ മനസ്സിലാവും മനസ്സിന്റെ സ്വകാര്യത അപ്പോൾ നമ്മൾ എവിടെ എന്തൊക്കെ സഹായം സ്വീകരിച്ചാലും ശരി ോകത്തെ സൃഷ്ടിക്കുന്ന പരിപാലിക്കുന്ന സൂഹരിക്കുന്ന പ്രപഞ്ചനാഥനെ സഹായം സ്വീകരിച്ചാലും അത് കടന്നു വരേണ്ട സ്വന്തം മനസ്സിലൂടെ അപ്പൊ മനസ്സുകൊണ്ട് തന്നെ മനസ്സിനെ രൂപപ്പെടുത്തുക അപ്പോ മറ്റ് എന്താണ് കർമ്മമാർഗം ഭക്തി യോഗം ഇങ്ങനെയൊക്കെ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിനനുകൂലമല്ലെങ്കിൽ ഇതൊന്നും വിജയിക്കില്ല ഇവിടെയൊക്കെ നമ്മൾ പരാതി എല്ലാം പൂർണ്ണമായി എന്താണ് ഭഗവാന് സമർപ്പിക്കാവുന്ന ഒരു നല്ല കാര്യമാണ് പക്ഷേ തൻ്റെ മനസ്സതിന് സന്നദ്ധമല്ലെങ്കിൽ തൻ്റെ മനസ്സിനു യോഗ്യമല്ലെങ്കിൽ എൻ്റെ മനസ്സിനുള്ള ശേഷി എനിക്ക് എനിക്ക് ഒരാൾക്കാൻ സാധിക്കും അങ്ങനെ പാഠിക്കുന്നത് നടക്കുക എന്നുള്ള അല്ലെങ്കിൽ പ്രഭാഷണം നടത്തുക എന്നുള്ള സ്വന്തം മനസ്സിനെ പാകപ്പെടുക പാകപ്പെട്ട മനസ്സിൽ മാത്രമേ ഇതെല്ലാം സംഭവിക്കൂ എന്ത് നമ്മൾ ആധ്യാത്മികമായ സാധന എവിടെ നമ്മൾ സ്വീകരിച്ചാലും ആര് നമ്മളെ സഹായിച്ചാലും ആത്യന്തികമായി സ്വന്തം മനസ്സിലൂടെ സ്വന്തം മനസ്സിലായില്ല സാധിക്കും എന്നാണ് അപ്പോ ഒരു ആത്മീയ സാധകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഈ ചിത്തപരിപാലനമാണ് സ്വന്തം ചിത്തത്തെ പരിപാലനം ഭൗതികമായി ലോകത്തിൽ എന്തൊക്കെ ചെയ്തു എന്തൊക്കെ നേടി ചെയ്യുന്നതും നേടുന്ന മോശമെന്ന് പറയുന്നില്ല അതിനെയൊക്കെ നമുക്ക് ആശ്രയിക്കേണ്ടി വരും ജീവിതത്തിൽ ഭൗതികത്തെ ആശ്രയിക്കാതെ നമുക്ക് ഒഴിഞ്ഞ് സെക്കൻഡ് നമുക്ക് നീങ്ങാനോ ജീവിക്കാനോ അറിയത്തില്ല അത് വാസ്തവമാണ് എല്ലാം എന്തിനു വേണ്ടിയിട്ട് ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ ചെയ്യേണ്ടി ചിത്ത ബാലകനെ പരിപാലിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള ബോധത്തിലെല്ലാത്തിനും വിശ്വസിക്കും അല്ലാ ഭൗതികമെന്ന് പറയുന്നത് ഭൗതികത്തിന് വേണ്ടിയാണ് അത് ആവശ്യമാണ് പക്ഷെ ആത്യന്തികമായി തന്നെ എവിടെ വന്ന് ചേരുന്നു ഒരു വ്യക്തിയിൽ വന്ന് ചേരുകയാണ് കേവല ഒരു വ്യക്തി എന്റെ ബന്ധം എന്റെ മോക്ഷം അത് എന്നിലാണ് തീരുമാനിക്കപ്പെടുന്നത് അത് വേറെ ആരോഗ്യ കാര്യം നമ്മുടെ ബന്ധ മോക്ഷങ്ങളെയൊക്കെ നമ്മൾ എങ്ങനെ വ്യാഖ്യാനിച്ചാൽ അദ്വൈതമായിട്ടോ അദ്വീതമായിട്ടോ ഇഷ്ടമോ സംഖ്യമായിട്ടോ യോഗ്യമായിട്ടോ എങ്ങനെ വ്യാഖ്യാനിക്കാൻ വ്യാഖ്യാനിച്ചാൽ ആത്യന്തികമായ എന്താണ് ഞാനെന്ന് പറയുന്ന വ്യക്തിയിലാണ് ഇന്ന് അവസാനിക്കുന്നത് ഞാനെന്നുള്ള വ്യക്തി എന്ന് പറയുന്നത് എന്താ അതെന്റെ മനസ്സാണ് എൻ്റെ വ്യക്തിഭാവം എന്ന് പറയുന്നത് നൂറ് ശതമാനം എൻ്റെ മനസ്സാണ് അതിനപ്പുറം നമുക്ക് പിടികിട്ടാത്ത എന്താണ് സിദ്ധാന്തക്കുരുപ്പുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അത് ഈ സിദ്ധാന്തങ്ങൾ തന്നെ പറയുന്ന ഒന്നങ്ങൾക്ക് പിടികിട്ടുന്ന കാര്യങ്ങളെന്താണ് പിടികിട്ടാത്ത കാര്യങ്ങളാണ് നമ്മൾ ഭാവനയിലെ സ്വപ്നത്തിൽ കണ്ടിടക്കുന്ന കാര്യങ്ങളാണ് മനസ്സെന്ന് പറയുന്ന എന്താണ് ഒരു യാഥാർത്ഥ്യമാണ് അത് നമ്മളാണ് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്താണ് നമ്മുടെ ഭാഗമാണ് നമ്മുടെ ജയമാണ് നമ്മുടെ പരാജയമാണ് നമ്മുടെ ജീവിതമാണ് എല്ലാം മനസ്സാണ് അങ്ങനെയുള്ള മനസ്സിനെ പരിപാലിക്കുക ഒരു ശിശുവിനെ പരിപാലിക്കുന്നതുപോലെ പരിപാലിച്ച് അങ്ങനെ വരുമ്പോൾ മാത്രമേ ഒരു വ്യക്തിയുടെ ജീവിതസമ്പന്നമാക്കണം ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് എന്റെ ആന്തരികമായ മനസ്സിന്റെ സുസ്ഥിതിയാണ് അങ്ങനെ ഒരു ആന്തരികമായ മനസ്സിന്റെ സുസ്ഥിതി അതിൻ്റെ ഒരു ഈഷ ദർശനം ഒരാൾ ഉണ്ടായി കഴിഞ്ഞാൽ അയാളൊരിക്കലും സംസാര ആഡംബരത്തിൽ വീണ് പോകത്തില്ല ഈ കോലാഹലങ്ങളിൽ പക്ഷെ ഇവിടെ തന്നെ ജീവിക്കും ഇവിടെ ജീവിച്ചു ഇവിടെ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ജീവിച്ചാൽ പറ്റും വേറെ വഴിയൊന്നും നമ്മളുണ്ട് പക്ഷെ ഇനി പെട്ടുപോകാതെ നമ്മൾ ജീവിക്കണം അപ്പോ അങ്ങനെ ജീവിക്കുന്നുണ്ട് എന്ന് വേണം തൻ്റെ മനസ്സ് അതിൻ്റെ സഹായത്തോടുകൂടി മാത്രമേ അത് അതാണ് മുഖ്യം ബാക്കിയെല്ലാം ഗുണം കൊണ്ടാണ് ഭഗവാൻ പറഞ്ഞു തരേതാത്മനാത്മാനും നിന്റെ മനസ് കൊണ്ട് നിന്നെ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാലാണ് ബാക്കി എല്ലാ കൊടുക്കുമ്പോഴും മറ്റുപദേശങ്ങൾക്ക് പ്രാധാന്യമില്ല എന്നല്ല എല്ലാത്തിനും ക്ഷമിക്കുന്നതിന് പ്രാധാന്യമില്ല പക്ഷെ ഇതൊന്നും വേറെയാണ് നീ നിന്നെ തന്നെ രക്ഷപ്പെടുത്തുക ഇതൊക്കെ പറഞ്ഞാൽ എത്ര പേർക്ക് മനസ്സിലാകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമായതെന്ന് ഞാൻ പറയുന്നതന്നെയുള്ളൂ ഇതൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ ഇതൊക്കെ മനസ്സിലാക്കുമെന്നോ മനസ്സിലാക്കലിനനുസരിച്ച് മാറുമെന്നോ എന്നുള്ള പ്രതീക്ഷ ഇതൊക്കെ സുപ്രധാനമായ കാര്യങ്ങളാണ് ആത്മീയ ജീവിതത്തിൽ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങൾ ഒരു സന്ദർഭമാണ് ഇവിടെ പറയുന്നത് ഒരു ശിശുവിനെപ്പോലെ നമ്മുടെ ആന്തരികമായ ആധ്യാത്മികതയും ഇതിലും വലിയൊരു ഉപദേശം ആർക്കും കൊടുക്കാനില്ല നമുക്ക് കേൾക്കാനുമില്ല അവിടെ എന്താണ് സ്വപ്രയത്നത്തിനും വലിയ പ്രാധാന്യത്തിനാണ് പൗരുഷേനും യജ്ഞേനയേവീ പൗരുഷം പറയുന്ന വാക്കിനും നമുക്കതിനെ പിടിക്കാം അത് ഞാൻ പിന്നീട് പറയാനാണ് പക്ഷേ അപ്പൊ ഞാൻ ഈ പ്രകടനത്തിന്റെ അവസാനം ഞാനത് അടച്ചു പിന്നിടയ്ക്ക് ഞാനത് പറയുന്നത് വേറൊരു പ്രോയി പോയിക്കൊണ്ടിരിക്കും മറിക്കും അതിൻ്റെ ഒഴുക്ക് വേറെന്നും ആ വാക്കിനൊന്നും കയറി പിടിക്കേണ്ട കാര്യമില്ല ഇവിടെ പറയുന്നത് സ്വന്തം പ്രയത്നത്തിന്റെ പ്രാധാന്യമാണ് താൻ പ്രയത്നിച്ചേയും മതിയാവും എന്നുള്ള കാര്യം പറഞ്ഞു നമ്മൾ ഓരോരുത്തരും എന്റെ ജീവിതത്തിൽ നിന്ന് അങ്ങനെ പ്രത്യേകിച്ച് വിശേഷത ഉണ്ടെന്നൊന്നും ഞാൻ കരുതുന്നു ഓരോരുത്തരുടെയും ജീവിതം ഒക്കെ ഒരുപോലെ തന്നെയാണ് പക്ഷെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തന്നെ നോക്കിയാൽ മനസ്സിലാവും ജീവിതം എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നു നമ്മുടെ ആധ്യാത്മികമായ ഈ ജീവിതത്തിൽ അവിടെ സ്വപ്രേതത്തിന്റെ പ്രാധാന്യം വളരെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സ്വന്തം വിവേകത്തെ ഉപയോഗിക്കുക സ്വയം പ്രേരിപ്പിക്കുക വളരെ പ്രാധാന്യമുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചിത്രത്തെ പരിപാലിക്കാവുന്നതെന്ന ആ ഉപദേശത്തെയൊക്കെ നമുക്ക് ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ പറ്റും ഉപദേശങ്ങൾക്കും നമ്മുടെ ഒരു ദാരിദ്ര്യമുണ്ട് ഇഷ്ടം പോലെയുണ്ട് പക്ഷേ നമ്മുടെ മനസ്സിന്റെ തരത്തിൽ അതിനെ നമുക്ക് പ്രായോഗികമാക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് നമുക്കൊരു വലിയ പ്രസ്ഥാനത്തെ ഉണ്ടാക്കി അതിനെ പരിപാലിക്കാൻ കഴിയും അതിനെ നേരെ നടത്തിക്കാൻ കഴിയും നല്ലതുമാണ് മനുഷ്യർക്കുകയോ പക്ഷെ അതുപോലെ സ്വന്തം ചിത്രത്തെ ഒന്ന് പരിപാലിക്കാൻ കഴിയും കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ട സമൂഹവും രക്ഷപ്പെടുക സമൂഹത്തിനോട് ഗുണ ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഗുണപ്പെടുന്നത് അതിനെക്കുറിച്ച് തക്കാൻ അത്രയും മനസ്സിന്റെ താളം തെറ്റിയാൽ ആ ഈ മനസ്സിന്റെ താളം തെറ്റുക അതായത് ചോദിയിലാണ് മനസ്സിന്റെ താളം തെറ്റിയാൽ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നാണ് ഈ മനസ്സിന്റെ താളം തെറ്റുക എന്ന് പറയുന്നെന്താ ഉദ്ദേശിക്കുന്നത് അത് നോർമൽസിന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ മറ്റൊന്ന് എന്താണ് ഇനി ആ മനസ്സിന്റെ ഈ മനസ്സിന്റെ നോർമൽ ഫീ എന്ന് പറയുന്നത് എന്താണ് എന്താണ് എല്ലാ വ്യക്തികളുടെയും കൊതിയു നോയിക്കഴിഞ്ഞ് ആരുടെയും മനസ്സ് നോർമലല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ സാധാരണ രീതിയിൽ പറഞ്ഞാൽ നൂറ് ശതമാനം മനുഷ്യരുടെയും മനസ്സ് നോർമലല്ല അപ്പോൾ ഈ അവിടെ നോർമൽ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് നോർമൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് നമ്മുടെ സ്വാധീനത്തിൽ ഇരിക്കുക ഒരാൾ പറയാനെൻ്റെ മനസ്സിൻ്റെ സ്വാധീനത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അംഗീകരിക്കാം അത് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങിയത് ഈ ജാഗ്രത്തിലാണ് സ്വപ്നത്തിൽ നിന്നുകൊണ്ട് ആരുടെയെങ്കിലും മനസ്സിൽ നിങ്ങൾക്ക് സ്വാധീനമാണോ അല്ലല്ലോ അവിടെയും മനസ്സുണ്ടോ സുഷുപ്തിയിലെന്തെങ്കിലും സ്വാധീനമുണ്ടോ മനസ്സിൽ തന്നെ ഇല്ല നമ്മുടെ ബ്രെയിൻ അവിടെയും പ്രവർത്തിക്കുന്നുണ്ടോ മറക്കരു മനസ്സിന്റെ പ്രവർത്തനങ്ങൾ അവിടെയും നടക്കുന്നുണ്ടോ അവിടെ നമുക്ക് യാതൊരു സ്വാധീനവും നമ്മുടെ സ്വാധീനത എന്ന് പറയുന്നത് ഈ ജാഗ്രത്തിലാണ് നൂറ് ശതമാനം എടുക്കുക ഏത് ഗുരുവിനെയും എടുക്കുക ഒരാളുടെ മനസ്സ് സ്വാധീനമെന്ന് പറയുന്നത് ഈ ഇരുപത്തിനാല് മണിക്കൂറിൽ ജാഗ്രത എത്രയാണെന്ന് കിട്ടുന്നത് അതിൽ എത്ര സമയം ഒരാളുടെ മനസ്സ് സ്വന്തം സ്വാധീനത്തിൽ എത്ര സമയം മുഴുവൻ സമയമില്ല ആരുടെയെങ്കിലും മനസ്സ് എന്തുകൊണ്ട് എന്താണ് മനസ്സ് സ്വാധീനത്തിലല്ല എന്ന് പറയുന്നു കാരണം മനസ്സ് സ്വാധീനത്തിലാണെങ്കിൽ നമ്മുടെ മുൻ ധാരണകൾ നിന്നുകൊണ്ട് നമ്മൾക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയും നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്റെ മനസ്സ് എന്റെ സ്വാധീനത്തിലല്ല എന്റെ മനസ്സിൻ്റെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചാണ് അപ്പൊ ഏത് സമയമാണോ നമ്മുടെ മനസ്സ് നമ്മുടെ സ്വാധീനത്തിലേക്ക് വരുന്നത് വളരെ ചുരുങ്ങിയ സമയമാണ് അപ്പം മാത്രമേ നമ്മുടെ മനസ്സ് നമ്മുടെ സ്വാധീനത്തിനെന്ന് പറയാൻ പറ്റൂ അപ്പൊ ആ അർത്ഥത്തിൽ ആദ്യം മനസ്സ് സ്വാധീനത്തിൽ വെറുതെ പറയുന്നതാണ് പിന്നെ പറയുന്ന മറ്റൊരു നോർമൽ അല്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് എന്താണ് അത് നമ്മുടെ ദൈവികമായ പ്രശ്നങ്ങളാണ് ജീവശാസ്ത്രപരമായ ചില പ്രശ്നങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ഒരാളുടെ മനസ്സ് എൻഗോൺമെന്റ് അല്ലാതെ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യനും ജനിച്ചതുകൊണ്ട് ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് ആ മനുഷ്യന് സമാധാനമായി ജീവിക്കാനുള്ള അവകാശമുണ്ട് അതിനുള്ള വഴി എന്ന് പറയുന്നത് കേവലം ആത്മീയമായ സാധനങ്ങളോട് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് താളം തെറ്റിയ മനസ്സാണങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാനെ കുറിച്ചാണ് അത് കേവലം ആധ്യാത്മികമായി പറയുന്ന വിവേകം ഇവിടെ പറയുന്ന വിവേകം വൈരാഗ്യം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറയുന്ന യോഗം ഇങ്ങനെയുള്ള സാധനങ്ങളിലൂടെ മാത്രം അത്തരം മനസ്സുകളെ കൊണ്ടുവരിക സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുക അത്തരം മനസ്സുകൾ സാധാരണ നിലയിലേക്ക് വരുന്നെങ്കിൽ അതിനുള്ള എന്നിട്ട് അവർക്കും ഒരു സാധാരണ ജീവിതം സാധ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ വൈദ്യശാസ്ത്രമൊക്കെ ഇത്രയും പുരോഗമിച്ച സ്ത്രീ അങ്ങനെ ഉള്ള മനസ്സുകൾക്ക് സാധാരണ ജീവിതം സാധ്യമാണ് അല്ല അത്തരം ഗുരുതരമായ പ്രശ്നങ്ങളില്ലാത്തവരുടെ മനസ്സ് സ്വാധീനത്തിലൊന്നുമല്ല പലപ്പോഴും എന്ത് ചെയ്യുന്നു സാഹചര്യങ്ങളോട് മനസ്സ് നമ്മുടെ മുൻധാരണകൾക്ക് വിരുദ്ധമായി പ്രതികരിക്കുകയും മനസ്സാവഴിക്ക് സഞ്ചരിക്കുകയും ചെയ്യും അപ്പൊ അതിനെ കുറച്ചുകൊണ്ടുവരിക കഴിയുന്നത്ര നല്ല സ്വാധീനത്തിലേക്ക് വരിക തന്റെ സ്വകാര്യതയിൽ തന്റെ മനസ്സിനെ കുറെ സമയങ്ങളിൽ നിർത്തുക അതിന്റെ സമാധാനവും ആനന്ദവും അനുഭവിക്കുക ഇതൊക്കെ മനുഷ്യന് സാധ്യമായിട്ടുള്ള കാര്യങ്ങൾ മറ്റൊക്കെ മനുഷ്യന്റെ ഭാവനകളും സ്വപ്നങ്ങളുമാണ് ശാസ്ത്രങ്ങളിലെല്ലാം പറയുന്ന എന്താണ് കഠിനമായ അഭ്യാസങ്ങളും പ്രയത്നങ്ങളൊന്നും അതൊന്നും സർവസാധാരണമായി ആർക്കും പറ്റിയ കാര്യങ്ങളല്ല സർവസാധാരണമായി ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ നമ്മുടെ മനസ്സ് ആത്യന്തികമായി നമ്മുടെ മനസ്സ് അനുകൂലമാണെങ്കിൽ അനുകൂല സാഹചര്യങ്ങളിൽ മനസ്സിന് സ്വയം പരിപാലിക്കാൻ ഇവിടെ പറയുന്നു ഒരു ശിശുവിനെ പരിപാലിക്കുള്ളൂ പരിപാലിക്കുകൊന്നാണ് അവിടെ മാത്രമേ ആധ്യാത്മികമായ സാധനങ്ങളൊക്കെ വിജയിക്കട്ടുള്ളൂ അല്ല മനസ്സിൻ്റെ താളം തെറ്റുകയാണെങ്കിൽ അതിന് മറ്റു പോകും എന്നാലും ഈ ലോകത്തും ഈ മനസ്സുകൊണ്ട് തന്നെ സമാധാനമായി ജീവിക്കാം അതിനുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ അത് അതിൻ്റെ സഹായത്തോളം കൂടി പിന്നെ ആരുടെ മനസ്സാണ് ശരി ആരുടെ മനസ്സാണ് സമാധാനത്തിനുള്ളത് ആടെ മനസ്സാണ് ഇവിടെ പറയുന്ന ശാന്തമായിരിക്കുന്നത് ആരുടെ മനസ്സാണ് സ്വസ്ഥമായിരിക്കുന്നത് ഏറെക്കുറെ ഇതൊന്നും വേറെ ഓരോ മനുഷ്യനും ലോകത്തിൽ അളക്കാൻ പറ്റിയ കാര്യങ്ങളാണ് അതൊക്കെ അവനവൻ തന്നെ ബോധ്യപ്പെടേണ്ട കാര്യങ്ങളാണ് എന്റെ ശാന്തമാണെന്ന് ഞാൻ ഭാവിച്ചിട്ട് കാര്യമില്ല അത് ഭാവന കൊണ്ടെന്ന് സാധിക്കുന്ന കാര്യമില്ല എന്റെ ജീവിതാനുഭവങ്ങളെ എന്റെ മനസ്സിന്റെ സ്വസ്ഥതയും ശാന്തിയും ഒക്കെ സമ്മതിയൊക്കെ എനിക്ക് കുറെങ്കിലും എന്നെ പറയാൻ പറ്റും അനുഭവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല കാര്യം എന്നെ പറയാം അല്ല നമ്മുടെ മനസ്സ് നിരന്തരം ആവശ്യപ്പെടുന്നത് വിഷയം വ്യാപാരങ്ങളിലാണ് എന്തില്ലെങ്കിലും മുഴുകിയിരിക്കാനും മനസ്സെപ്പോഴും ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് സ്വസ്ഥത കണ്ടെത്തുന്ന അതിലാണ് അത്തരം മനസ്സിന് നിന്ന് അങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റും അത്തരം ഒരു മനസ്സിന് ആത്മീയ മനസ്സെന്ന് പറയാൻ പറ്റും അത്തരം ഒരു മനസ്സിന് ഭൗതിക മനസ്സെന്നേ പറയാൻ പറ്റും എന്തുകൊണ്ട് മനസ്സിന്റെ വ്യാപാരങ്ങൾ ബാഹ്യമായ കർമ്മങ്ങളിലോ മറ്റും മുഴുകിയിരിക്കുമ്പോൾ മാത്രമേ അതിനൊരു സ്വസ്ഥതയുള്ളൂ അത് ഭൗതിക മനസ്സാണ് അതിലെ സ്വസ്ഥത കിട്ടുന്നുണ്ടെങ്കിൽ അന്ന് അതിനൊരു സ്വകാര്യ മനസ്സെന്ന് പറയാൻ പറ്റും സ്വകാര്യ മനസ്സെന്ന് പറയുന്ന മനസ്സ് നമ്മളിൽ തന്നെ ബാഹ്യാലംബനങ്ങളില്ലാതെ തന്നെ മനസ്സ് ശാന്തമായി ആത്യന്തികമായി അതിന് മനസ്സിന് ആശ്രയിക്കാവുന്നതും ആത്മീയമായ വികാര വിചാരങ്ങളിലായിരിക്കും ഇത്തരം മനസ്സുകൾ കഴിയുന്നതും അതിവൈകാരികതയെ കൈവിട്ട മനസ്സായി അതിവൈകാരികത എന്ന് പറയുന്നതിന് വലിയ തകരാറുണ്ട് അതിവൈകാരികമായ മനസ്സ് വളരെ പെട്ടെന്ന് കൊടുമുടിയോളം ഉയരും അതേ സ്പീഡിൽ തന്നെ താഴോട്ട് വന്ന് ശാന്തസമുദ്രത്തോളം താഴും അവിടെ ഒരിക്കലും ഇത് ഈ രണ്ട് തലങ്ങളിലേക്ക് ഉയരുകയും താഴെയും ചെയ്യുമ്പം പരസ്പരം കൂട്ടിയിടിച്ചുകൊണ്ടെങ്കിൽ അതാണ് അതിവൈകാരികതയുടെ അത് വൈകാരികതാന്ന് പറയുന്ന മനസ്സിന് ചില സമയം സന്തോഷം കൊടുക്കും സന്തോഷത്തിൻ്റെ ഒരു വേരിയന്റുമായിരിക്കും തിരിച്ച് അതുപോലെ തന്നെ മനസ്സ് ഡിപ്രഷനിലേക്ക് അവിടെയാണ് വിവേകത്തിന്റെ കാര്യം വിവേകപൂർണ്ണമായ മനസ്സാണെങ്കിൽ കുറെയെങ്കിലും മനസ്സെന്തിയും തൻ്റെ തന്നെ മനസ്സിൻ്റെ തന്നെ സ്വകാര്യതയും മനസ്സിൽ ശാന്തമായിരിക്കും അങ്ങനെ മനസ്സിനെ പരിപാലിക്കാൻ കഴിയുന്നതാണ് ഭഗവാൻ പറയുന്ന ഉദ്ധരേത ആത്മനാത്മാ എന്ന് പറയുന്ന ആ മനസ്സാണ് വ്യക്തിപരമായി ഞാൻ മുൻതൂക്കം കൊടുക്കുന്ന അത്തരം ഒരു മനസ്സിലാണ് ജീവിതത്തിൽ ഇന്നുവരെ മുൻതൂക്കം കൊടുത്തിട്ടുള്ളതും അതിന് തന്നെയാണ് അതുകൊണ്ട് സ്വന്തം ജീവിതത്തിന്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കും സ്വന്തം പ്രവർത്തകരുടെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കും സ്വന്തം ജയത്തിന്റെയും പരാജയത്തിന്റെയും നന്മയുടെയും തിന്മയുടെയും ഉത്തരവാദിത്വം ആരെയും തെളിയിപ്പിക്കാറ് അതൊക്കെ തന്നിൽ തന്നെയാണ് എല്ലാവരും അങ്ങനെ അവിടെ എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വകാര്യ രീതിയുടെ നിമിഷങ്ങൾ നമുക്ക് തന്നെ കണ്ടെത്താൻ പറ്റും ജീവിതത്തിന്റെ ഒരു നേട്ടവും പോലും പിന്നെ ഈ തത്വചിന്ത ശാസ്ത്രചിന്ത ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് അതൊരു മനോവിനോദം എന്നുള്ളതിനെ തുറന്നു അനാത്ത വലിയ കാര്യം നല്ലതാണ് വിനോദം ആവശ്യമുള്ള ചിലപ്പോൾ നമ്മള് മനസ്സിൽ ചിലകുമ്പോൾ അടിക്കുന്നു കുറച്ചു കോമഡികളിൽ കഴിയും മനസ്സിന് സന്തോഷം വരും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ വിചാരങ്ങളിൽ തന്നെ ആനന്ദത്തെ കണ്ടെത്താൻ പറ്റും അതൊരു ഭാഗം ജീവിതത്തിന്റെ ഒരു ഭാഗം എന്നുള്ളതിനപ്പുറം ഇവിടെ പറയുന്ന മനസ്സിന്റെ സമ്മത ശാന്തി എന്ന് താൻ പറയുന്നത് അവിടെ എന്താണ് എല്ലാ അബ്നോർമലായ മനസ്സുകളിലും അങ്ങനെ ഒരു മനസ്സിന് ഒരു ശാന്തതയിലേക്ക് കൊണ്ട് ഒരാൾ ജീവിതത്തിൽ അങ്ങനെ ഒരു സ്വകാര്യത നല്ലത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇവിടെ പറയുന്നത് തന്നെ അങ്ങനെ എല്ലാം മനസ്സിന് വേറൊരു ഭാവമാണെങ്കിൽ ഒരാൾ കർമ്മങ്ങൾ ചെയ്യാതിരിക്കും ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് നമുക്ക് അറിയാൻ പറ്റും എന്റെ മനസ്സിനെ അനുകൂലമാണോ എന്നുള്ളതാണ് ആണെങ്കിൽ നല്ലത് തന്നെയാണ് നമ്മുടെ മനസ്സ് നോർമലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരവരെയും തീരുമാനിക്കില്ല എത്രമാത്രം നോർമ നോർമലാണെന്ന് ഞാൻ പറയത്തില്ല എത്രമാത്രം നോർന്നു നോർമൽ ആവാമെന്നുള്ള മനസ്സ് നമ്മുടെ തന്നെ അധീനത്തിലിരിക്കുന്നു അങ്ങനെ ആരുടെയെങ്കിലും മനസ്സിൽ ഞാൻ തോന്നുന്നു സാഹചര്യങ്ങളോട് പ്രതികരിക്കുന്നതല്ല മനസ്സ് അല്ലെങ്കിൽ ആ മനസ്സ് നോർമലല്ല എന്നും തോന്നിയിട്ട് പിന്നെ ആധ്യാത്മികമായി ജീവിക്കുന്നവർ വ്യക്തിപരമായി തന്നെ പല പല പ്രശ്നങ്ങളുണ്ട് ജീവിതത്തിൻ്റെ നേരിട്ടുകൊണ്ടിരിക്കുകയും അതിനെ കൈകാര്യം ചെയ്യുകയും അതിനെ വിഷമിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് അതിനിടയ്ക്ക് സ്വന്തം മനസ്സിനെ പരിപാലിക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തതാണ് അറിയുന്നവരുണ്ട് പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് പറയുന്നു സ്വന്തം മനസ്സിനെ സ്വയം പരിപാലിക്കുക സ്വന്തം പ്രയത്നമുണ്ട് മനസ്സിന് ശാന്തതയെ കൈവരിക്കാൻ എന്താണ് എന്റെ മനസ്സ് എന്തിനാണ് ശാന്തി കണ്ടെത്തുന്നത് അതിനുവേണ്ടി ശ്രമിക്കാനാണ് ഇവിടെ പറയുന്നത് ഇവിടെ പിന്നെ മുമ്പോട്ട് വരുമ്പോൾ അതിനുള്ള വലിയൊരു മറം വരുന്നായി പറയുന്നു അടുത്ത കൂടെ പറയുന്നു തത്വജ്ഞാനമാണ് ആ തത്വജ്ഞാനത്തിലൂടെ മനസ്സ് ശാന്തി തീർച്ചയായിട്ടും അതിന് ആ തത്വജ്ഞാനത്തിനും മനസ്സ് അനുകൂലമാണെങ്കിൽ ആ തത്വജ്ഞാനത്തിലൂടെ ഒരാൾക്ക് മനസ്സിന് ശാന്തി കണ്ടെത്തണം താൻ വിശ്വസിക്കുന്ന തത്വജ്ഞാനം എന്ന് പ്രത്യേകം പറയുന്നത് തത്വജ്ഞാനം പലതാണ് തനിക്ക് സ്വീകാര്യമായി തോന്നുന്ന തനിക്ക് വിശ്വാസമായി തോന്നുന്ന ഒരു ജ്ഞാനപദ്ധതിയിലൂടെ ഒരാൾക്ക് തൻ്റെ മനസ്സിന് ശാന്തിയിലേക്ക് കൊണ്ടുപോകണം അതാണ് തത്വജ്ഞാനത്തിൻ്റെ വിവിധ പദ്ധതികളൂടെ പറയും മാനസികമായ അനുഷ്ഠാന പദ്ധതികൾ പലതരത്തിലുള്ള അതിലൂടെ ഒരാൾക്ക് തന്റെ മനസ്സിനെ കുറച്ച് സമയമെങ്കിലും ശാന്തമാക്കാൻ ശ്രമിക്കും ദൃശ്യശ്രാവ്യ ഉപാധിയുടെ തൻ്റെ മനസ്സിന് ആ സമയത്തെങ്കിലും മനസ്സിനെ ശാന്തമാക്കി വയ്ക്കാൻ ശ്രമിക്കും അങ്ങനെ പല വഴികളുണ്ട് പിന്നെ മനുഷ്യന് പ്രയത്നം ആവശ്യമായി വരുന്നത് അവൻ വിവേകത്തെ ആർജിക്കുമ്പോഴാണ് മറ്റേത് യാന്ത്രികമാണ് ഇപ്പൊ നല്ലൊരു ഭജന കേൾക്കും നമ്മുടെ മനസ്സ് ശാന്തമാകുന്നു അത് തികച്ചിൽ യാന്ത്രികമാണ് നമ്മുടെ പരിശ്രമവും ആവശ്യം ഒരു ശ്രാവ്യ ഉപാധിയിലൂടെ മനസ്സ് സ്വയം തന്നെ നമ്മളറിഞ്ഞില്ല മനസ്സ് സ്വയം തന്നെ എന്ത് ചെയ്യുന്നു അവിടെ ആശ്വാസം കണ്ടെത്തുകയാണ് അതൊരു ഗായം ഒരു അതിന് യോജിച്ച മനസ്സിന് അത് നല്ലൊരു ഗായം തന്നെയാണ് കാരണം അവിടെ പരിശ്രമത്തിന് ആവശ്യമില്ല മനസ്സിലെന്തെങ്കിലും മന്ത്രങ്ങളെ ജപിക്കുന്നു ശീലമായി കഴിയുമ്പോൾ മനസ്സ് അതിനോട് താതാത്മ്യപ്പെട്ട് അത് മനസ്സ് ദഹിക്കുന്നു അവിടെ കുറച്ച് പ്രയത്നത്തിന്റെ ആവശ്യമാണ് തന്റെ പ്രയത്നം അവിടെ മനസ്സിനെ നിലനിർത്തുക എന്ന പ്രയത്നം ആവശ്യമാണ് അതൊരു ശ്രാവ്യ ഉപാധിയിലൂടെ മനസ്സ് ശാന്തമാകുന്നതുപോലെ ഞാനവിടെ എന്തോ മാനസികമായി എന്തോ ചെയ്യുന്നുണ്ട് അതനുഷ്ഠാനം അതിന്റെ ആവശ്യമാണ് അവിടെ വിവേകത്തെ ആചരിക്കം അവിടെ ആവശ്യമാണ് വിചാരം എന്ന് പറയുന്ന പ്രവൃത്തിയിലൂടെ വിവാ വിവേകത്തെ സമ്പാദിക്കുക അവിടെ കൂടുതൽ പ്രയത്നമായിട്ടു മനസ്സ് അവിടെയൊക്കെ എന്താണ് അവന്റെ മനസ്സ് ീകരിക്കുന്ന ആ പദ്ധതി അത് മനസ്സിഷ്ടപ്പെടുന്നതാണെങ്കിലും തന്റെ മനസ്സിന് തന്നെ അതിന് വിശ്വാസമുണ്ടെങ്കിൽ അത് പ്രധാനപ്പെട്ട കാര്യമാണ് ഞാനിവിടെയിരുന്നു കൊണ്ട് അദ്വൈതത്തെ കുറിച്ച് പറയുന്നു അതിന് വിശ്വാസം ഇല്ലാത്തവരാണ് മനസ്സിന് അത് യാതൊരു തരത്തിലുള്ള അദ്വൈതം വിശ്വാസം അല്ല എന്ന് പറയും അത് അദ്വൈതത്തിന്റെ നിലപാടാണ് പക്ഷെ അദ്വൈതത്തെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നവനത് വ്യക്തിപരമായ വിശ്വാസമുണ്ടെങ്കിൽ അദ്വൈതം അറിവാണ് വിശ്വാസമല്ല അത് മറ്റൊരു കാര്യമാണ് അത് അദ്വൈതത്തിന്റെ അനുവാദം പക്ഷെ അത് സ്വീകരിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ അവർ വിശ്വാസമുണ്ട് എന്നാൽ അവന് വിശ്വാസത്തെ മുൻനിർത്തിയാണ് അവൻ അറിവിനെ സ്വീകരിക്കാൻ പോകുന്നത് അറിവിനെ സ്വീകരിക്കുന്നിടത്ത് വാൻശിക രീതിയിൽ നടക്കുന്നതിലും വിശ്വാസത്തിന് പ്രസക്തിയുണ്ട് പക്ഷേ വിശ്വാസത്തിൽ ഉള്ളിലങ്ങോട്ട് കടന്നുപോകുന്നത് എല്ലാ വിചാരപദ്ധതികളിലും ഇത് ആവശ്യമാണ് അവിടെ എന്ത് ചെയ്യുന്നു ഒരു തരത്തിലുള്ള വിവേകത്തെയാണ് ആ വിവേകത്തിനാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ ആ വിവേകം തന്റെ മനസ്സിന് ഇണങ്ങുന്നതാണെങ്കിൽ അത് പ്രായോഗികമായി അപ്പോൾ പ്രായോഗികമായ വിവേകം എന്ന് പറയുന്നത് മനസ്സിനെ ശാന്തമാണ് തനിക്കപ്രായോഗമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് മനസ്സിന് ഒരു ഗുണമുണ്ടാകും ഒരാൾ ജപിക്കുന്നു തനിക്കത് പ്രായോഗികമാണെങ്കിൽ അത് മനസ്സിന് സമാധാനമാണ് തനിക്കത് അപ്രായവും തോന്നിക്കഴിഞ്ഞാൽ അത് മനസ്സിന് ഒരു ശാന്തിയും കൊടുക്കത്തില്ല അതുപോലെ തന്നെ വിചാരം വിചാരത്തിലുള്ള വിവേകത്തെ സമ്പാദിക്കുന്നിടത്തും അതൊക്കെ തനിക്ക് തൻ്റെ മനസ്സിന് പ്രായോഗികമായിരിക്കാന്ന് കഴിഞ്ഞാൽ തന്റെ മനസ്സിനത് ഇണങ്ങുന്നതായിരിക്കും ഓരോ വ്യക്തിയുടെയും മനസ്സ് ഭിന്ന ഭിന്നമാണ് ചില സമാനതകളുണ്ടെങ്കിലും വ്യക്തിപരമായി നോക്കിയാൽ ഒരു മനസ്സു പോലെയല്ല വേറൊരു മനസ്സ് ഒരു മനസ്സിന് ഇണങ്ങുന്ന വേറൊരു മനസ്സിന് ഇണങ്ങത്തില്ല വ്യത്യസ്തമായി ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടില്ല വേറെ ആൾക്കിഷ്ടപ്പെടും ഏതുപാധിയിലൂടെ ആയാലും ശരി മനസ്സ് വിഭിന്നമായിട്ട് പലതരത്തിലാണ് പ്രതികരിക്കുന്നത് അവിടെയെല്ലാം മനസ്സിന് ഇണങ്ങുന്നതിനെ കണ്ടെത്തി മനസ്സിന് സ്വാധീനമാക്കാൻ കഴിഞ്ഞാൽ ഇവിടെ പറയുന്ന ഈ സമിതി ചിത്തപരിപാലനമൊക്കെ സാധ്യമാകുമെന്നാണ് ഇവിടെ പറഞ്ഞത് അതുകൊണ്ട് സാമാന്യരമായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് സാധാരണഗതി അോർമലായിരിക്കാം പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ആ മനസ്സ് നോർമൽ ആയിരിക്കാം എന്ന് ഒരു മനുഷ്യന്റെ സാധാരണ ജീവിതം സുഗമമായി മുന്നോട്ട് പോകുന്നതിന് മനസ്സ് തടസ്സം വയ്ക്കാതിരിക്കുക അതാണ് പിന്നെ അത് സ്വാധീനമായിരിക്കാം രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ സാധാരണമായ ഒരു ജീവിതത്തിന് ആധ്യാത്മിക ജീവിതമല്ല ഒരു സാധാരണ ജീവിതം മറ്റു മനുഷ്യർ ജീവിക്കുന്നത് പോലെ ജീവിക്കുന്നതിന് മനസ്സ് തടസ്സം നിൽക്കുകയാണെങ്കിൽ ആ മനസ്സിന് ഓർമ്മനല്ല എന്ന് നമുക്ക് പറയാം അല്ല അങ്ങനെ തടസ്സം നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ശരി നമുക്കൊരു സാധാരണ ജീവിതം ജീവിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത് പിന്നെ വരുന്നത് എന്താണ് രണ്ടാമത്തെ മനസ്സിൻ്റെ സ്വാധീനക്കുറവുകളാണ് മനസ്സിന്റെ വികലാംഗതകളാണ് പിന്നെ നമ്മളെ അനുഭവിക്കുന്നത് അവിടെയാണ് നമ്മൾ ആഗ്രഹിക്കാത്ത വഴിയൊക്കെ മനസ്സ് പോകുന്നത് മനസ്സ് കാണുന്നതിനൊക്കെ കയറി അവിടെയാണ് നമ്മുടെ എന്താണ് നമ്മൾ നോർമൽ അല്ലാതായിരിക്കും അവിടെ ആ മനസ്സിനെ നോർമൽ ആക്കുന്നതാണ് ആധ്യാത്മീയ സാധനങ്ങൾ കൊണ്ട് സാധിക്കും ഇനി സാധാരണ ജീവിതം അസാധ്യമായ രീതിയിൽ മനസ്സ് നോർമൽ അല്ലാതായി തീർന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കുന്നതിന് കേവലം ആധ്യാത്മികതയിലൂടെ സാധ്യമല്ല മറ്റുപായങ്ങൾ സ്വീകരിക്കുന്നു ആത്മീയത അതിനൊരു പരിഹാരമല്ല അസയം നമ്മുടെ സാധാരണ ജീവിതം മുന്നോട്ട് പോകുന്നതിന് മനസ്സ് തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ മനസ്സിനെ കൈകാര്യം ചെയ്യാനാണ് ആത്മീയത ഉപയോഗപ്പെടുന്നത് അതുകൊണ്ട് നമ്മളിന്ന് ചർച്ച ചെയ്തത് ഈ ചിത്ത കുറിച്ചാണ് കുറിച്ചാണ് അതിൻ്റെ പല വഴികളെ കുറിച്ചാണ് തൽക്കാലത്തിനെക്കുറിച്ച് ഇത്രയും പറയാനുള്ളത്